നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഈശ്വരാരാധന മാതൃസങ്കല്പത്തിലാണ് അമ്മ എന്ന സങ്കല്പത്തിലാണ് അല്ലെങ്കിൽ അമ്മ ദൈവമായി മാറിയത് അല്ലെങ്കിൽ അമ്മയാണ് ആദ്യത്തെ ദൈവം പ്രത്യക്ഷ ദൈവവും അമ്മയാണ് ആദ്യത്തെ ദൈവവും അമ്മയാണ് അത് വ്യക്തി തരത്തിലാണെങ്കിലും സമൂഹ തലത്തിലാണെങ്കിലും വൃഷ്ടി സമഷ്ടി എന്ന് പറയും വൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും സമൂഹം മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റാണെങ്കിലും ആദ്യത്തെ ഒരു ഈശ്വര എന്ന അനുഭവം ഉണ്ടാവുന്നത് അന്മയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത് നമ്മളിതിനു മുമ്പ് പറഞ്ഞത് നവഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ഈ നവഗ്രഹങ്ങളെ സബ്ജക്ട് എങ്ങനെ ഈ അമ്മയിലേക്കും ഈശ്വരാരാധനയിലേക്കും മാറി നവഗ്രഹങ്ങൾ നിർത്തിയോ എന്ന് ചില ആൾക്കാർ ചോദ്യം ചോദിച്ചിരുന്നു വ്യക്തിപരമായിട്ട് നവഗ്രഹങ്ങൾ തന്നെയാണ് പറയണത് ഈ നവഗ്രഹങ്ങൾ എങ്ങനെ വന്നു നവഗ്രഹ കൺസെപ്റ്റ് എങ്ങനെ വന്നു എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത് നവഗ്രഹങ്ങൾ എന്ന കൺസെപ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കണല്ലോ മനുഷ്യൻ ജനിച്ച് ഭൂമിയിൽ ജീവിതം ആരംഭിച്ചു ഉടനെ തന്നെ നവഗ്രഹങ്ങളെ പൂജിക്കാൻ തുടങ്ങിയിട്ടൊന്നും എന്നുള്ള കാര്യം സംശയമില്ല ഗുഹാമനുഷ്യരും അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യരും വേട്ടയാടി വരുന്ന മനുഷ്യരൊന്നും ആദ്യം തന്നെ നവഗ്രഹങ്ങളെയല്ല ആരാധിച്ചിട്ടുള്ളത് വേദങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നവഗ്രഹങ്ങളോടല്ല ആരാധന പ്രാർത്ഥന അതിൽ പ്രധാനമായിട്ടും പ്രകൃതി ശക്തികളോടാണ് മഴയോടും ഭൂമിയോടും അഗ്നിയോടും സൂര്യനോടും ഒക്കെയാണ് അതിൽ വായുവിനോടും ഒക്കെയാണ് അതിൽ ജലത്തോടും ഒക്കെയാണ് പ്രാർത്ഥന വരേണ്ടത് പിന്നീടാണ് നവഗ്രഹങ്ങളൊക്കെ വരേണ്ടത് അപ്പം അതുകൊണ്ട് നവഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് നവഗ്രഹങ്ങളിലേക്ക് എങ്ങനെ ആരാധന എത്തി എന്നുള്ള ഒരു അന്വേഷണമാണ് പിന്നെ ഞാനിതിൽ പറയണതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ വായിച്ചും കേട്ടും അറിഞ്ഞും എൻ്റെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തെ പൂജാ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയണത് ഇത് പൂർണമായിട്ടും ശരി ആയിക്കൊള്ളണമെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഇതിൽ പറയാറുള്ളൂ ഇങ്ങനെ ആയിരിക്കാം സാധ്യത എന്നാണ് എൻ്റെ അനുമാനം അതുകൊണ്ടാണ് ഞാനിത് പറയണത് അപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അത് അതുപോലെ വെട്ടി വിഴുങ്ങണമെന്നില്ല യുക്തിപൂർവം ആലോചിച്ച് ശരിയാണെന്ന് തോന്നിയിട്ട് അങ്ങനെയുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി അത് ആദ്യം തന്നെ പറയുകയാണ് നവഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഒരു വഴിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാധന അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മയാണ് ആദ്യ ദൈവം അത് വ്യക്തിയുടെ മനസ്സിൽ ആദ്യത്തെ രക്ഷകൻ എന്നുള്ള സങ്കല്പം ഈശ്വരൻ എന്നുള്ള സങ്കല്പം നമ്മളെ രക്ഷിക്കുന്ന ആള് അമ്മയാണെന്നുള്ള സങ്കല്പമാണ് അത് നമ്മുടെ അബോധ മനസ്സിലെ കുടിയേറിയിട്ടുള്ളൊരു സങ്കല്പമാണ് അബോധ മനസ്സിലുണ്ട് നമ്മുടെ അമ്മ എന്നുള്ള സങ്കല്പം അതുകൊണ്ടാണ് നമ്മളെ അടികിട്ടുമ്പോൾ ഒരു വിഷമം വരുമ്പോൾ അമ്മയെ എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഞാനിനി അടി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ അമ്മയെന്ന് വിളിക്കില്ല അച്ചാന്നോ അല്ലെങ്കിൽ അമ്മാണെന്നോ വിളിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുക ഞാൻ ഇനി എന്തെങ്കിലും വിഷമം വന്നാൽ എൻ്റെ അച്ഛ അല്ലെങ്കിൽ എൻ്റെ അമ്മാ എന്നേക്കരയൂ എന്ന് വിചാരിച്ചിരുന്നാലും ഒരടി പെട്ടെന്ന് കിട്ടുമ്പോൾ എൻ്റെ അമ്മയെ തന്നെ നമ്മൾ വിളിക്കുള്ളൂ അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ അമ്മ എന്ന സങ്കല്പം അമ്മയാണ് നമ്മളെ രക്ഷിക്കുന്ന ആണ് അമ്മയാണ് എൻ്റെ ആദ്യത്തെ രക്ഷിതാവ് അമ്മയാണ് ഈശ്വരൻ എന്ന സങ്കല്പം നമ്മുടെ അബോധ മനസ്സിലാണ് നമ്മളൊരു അടി കിട്ടുമ്പോൾ കരയണതും അരി കിട്ടുമ്പോൾ നിലവളിക്കുന്നതും പെട്ടെന്ന് വിഷമം വരുമ്പോൾ പ്രതികരിക്കണതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് നല്ല ബോധപൂർവ്വം അല്ല അത് അബോധ തലത്തിൽ നിന്ന് വരണതാണ് അപ്പോൾ ആ ഒരു സങ്കല്പം നമ്മുടെ അബോധ മനസ്സിൽ ഉറച്ചുപോയ സങ്കല്പമാണ് മാത്രമല്ല നമ്മൾ ഈ ലോകം കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അമ്മ വഴിയാണ് നമ്മളങ്ങനെ തുടങ്ങിയത് ഈ ലോകത്തിനെ നമ്മളറിയാൻ തുടങ്ങിയതും മനസ്സിലാക്കാൻ തുടങ്ങിയതും അമ്മ വഴിയാണ് നമ്മൾ ഈ ലോകം അറിയുന്നത് അഞ്ചേന്ദ്രിയങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ട് കണ്ടിട്ടും കാതുകൊണ്ട് കേട്ടിട്ടും മൂക്കുകൊണ്ട് മണത്തിട്ടും അതുപോലെ തന്നെ നാവ് കൊണ്ട് രുചിച്ചിട്ടും തൊലി കൊണ്ട് തൊട്ടിട്ടും പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ ഈ ലോകം എന്തെന്നറിയണത് ഈ പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ അഞ്ച് സെൻസേഴ്സും പ്രവർത്തനക്ഷമമാകുന്നത് അമ്മ എന്ന സങ്കല്പത്തൂടെയാണ് അല്ലെങ്കിൽ സാക്ഷാത്പെറ്റമ്മയിലൂടെയാണ് ഒരു കുട്ടി കരയുമ്പോൾ കരയുന്ന ഒരു കുട്ടി ആരെ കാണുമ്പോഴാണോ തൻ്റെ കരച്ചിൽ നിർത്തുന്നത് ആ ആ വ്യക്തിയെ നമ്മളമ്മ എന്ന് പഠിക്കുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കുട്ടിക്ക് കാഴ്ച ഉണ്ട് കുട്ടി അമ്മയെ കണ്ട കരച്ചിൽ നിർത്തുന്നു കുട്ടിക്ക് കാഴ്ചയുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ വ്യക്തമായതൊന്ന് കുട്ടിക്ക് കണ്ണിന് കുഴപ്പമില്ല നന്നായിട്ട് കാണുന്നു കുട്ടി മനസ്സിലാക്കുന്നു നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലും കണ്ടു മനസ്സിലായി എന്നാണ് പറയാറുള്ളത് ചെവി കൊണ്ട് കേട്ടു മനസ്സിലായി നാവ് കൊണ്ട് രുചിച്ചു മനസ്സിലായി മൂക്കുകൊണ്ട് മണത്തു മനസ്സിലായി തൊലി കൊണ്ട് തൊട്ടു മനസ്സിലായി ഇതൊക്കെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിലേക്ക് എത്താനുള്ള വഴിയാണ് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ കാണുക എന്ന് മാത്രമല്ല മനസ്സിലാക്കുക എന്നും കൂടിയാണ് അപ്പം ആളെ കാണുമ്പോഴാണോ ഒരു കുട്ടി അരച്ചിൽ നിർത്തുന്നത് ആ ആളെ നമ്മൾ അമ്മ എന്ന് പറയണു അവിടെ ആ കുട്ടിയുടെ കണ്ണ് പ്രവർത്തനക്ഷമാവുകയാണ് ഏതൊരാളുടെ ശബ്ദം കേൾക്കുമ്പോഴാണല്ലോ ഒരു കുട്ടി അരച്ചിൽ നിർത്തുന്നത് ആ ശബ്ദത്തിൻ്റെ ഉടമസ്ഥയാണ് അമ്മ അവിടെ ആ കുട്ടിയുടെ ചെവി പ്രവർത്തനക്ഷമമാവാണ് ഏതൊരാളുടെ മുലപ്പാൽ ആദ്യമായി വായിലെത്തുമ്പോഴാണോ കുട്ടി അരച്ചിൽ നിർത്തുന്നത് നമ്മൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മുടെ മുലപ്പാലാണ് എല്ലാ ലോകരാജ്യങ്ങളിലും എല്ലാ ലോകാരോഗ്യ സംഘടനയും ഒക്കെ വ്യക്തമായി പറയണു കുട്ടിക്ക് മുലപ്പാലല്ലാതെ ഒന്നും കൊടുക്കരുത് ആ നമ്മുടെ രോഗപ്രതിരോധ നിലനിർത്തുന്നത് മുലപ്പാലാണ് ആ പ്രത്യേകം ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നുണ്ട് ആജീവനാന്തം മരണം വരെ നമ്മുടെ രോഗപ്രതിരോധശേഷി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം മുലപ്പാലാണ് ഇപ്പം നോക്കൂ ഒരു കുട്ടി ജനിച്ച് കുട്ടിക്ക് കൊടുക്കുന്ന വർഷ കുട്ടിക്ക് കുറേ കാലം കൊടുക്കുന്ന മുലപ്പാൽ ആ കുട്ടിയുടെ രോഗപ്രതിരോധശേഷി ഏത് കാലത്താണ് കുട്ടി തൊണ്ണൂറ് വയസ്സായാലും അതുവരെയും ആ രോഗപ്രതിരോധ നിലനിർത്താനുള്ള കഴിവ് ഈ മുലപ്പാലിനുണ്ട് അപ്പോൾ ആ മുലപ്പാൽ തരുന്ന ആളെ ഈശ്വരൻ എന്നല്ലാണ്ട് എന്താണ് വിളിക്കട്ടത് അപ്പോൾ ആ മുലപ്പാൽ കുടിക്കുമ്പോൾ ആരൊരാൾ ആരുടെ പാല് നമ്മുടെ നാവിലെത്തുമ്പോഴാണോ നമ്മളുടെ കരച്ചിൽ നിൽക്കുന്നത് നമ്മുടെ വിശപ്പ് മാറുന്നത് ആ മുലപ്പാലിൻ്റെ ഉടവസ്ഥയെ നമ്മൾ അമ്മ എന്ന് കുടിക്കണം അവിടെ നമ്മുടെ നാവിൻ്റെ പ്രവർത്തനവും നമ്മുടെ ദനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും അവിടെ നടന്നുകൊണ്ടിരിക്കണം ആരോടെ മണം നമ്മളിൽ വരുമ്പോഴാണോ നമ്മൾ കരച്ചിൽ നിർത്തുന്നത് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ മണത്തിൻ്റെ ഉടമസ്ഥയെ നമ്മളമ്മ എന്ന് വിളിക്കണം മൂക്കിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങണം ആരൊരാൾ നമ്മളെ എടുക്കുമ്പോഴാണോ സ്പർശിക്കുമ്പോഴാണോ തൊടുമ്പോഴാണോ സ്നേഹത്തോടു കൂടി തൊടുമ്പോഴാണോ തലോടുമ്പോഴാണോ നമ്മളുടെ കരച്ചിൽ നിർത്തുന്നത് ആ സ്പർശനത്തിൻ്റെ ഉടമസ്ഥയെ നമ്മളമ്മ എന്ന് വിളിക്കണം അവിടെ നമ്മൾ തൊലി എന്ന സ്പർശന അവയവത്തിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങുന്നു അതുകൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമാകുന്നത് അമ്മ എന്ന ഒറ്റ ഈ ലോകം കാണുന്നതും നമ്മൾ ഈ ലോകം അറിയുന്നത് നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളായത് ലോകം എന്താണെന്ന് നമ്മളറിയുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമാക്കുന്നത് അമ്മയാണ് അതുകൊണ്ടുതന്നെ ഈ അമ്മ എന്ന അബോധ മനസ്സിലുള്ള ആ ഒരു ദൈവസങ്കല്പം ഈശ്വര സങ്കല്പം നമ്മളിൽ എല്ലാവരും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് പ്രത്യേകിച്ചും മനുഷ്യനിൽ പ്രത്യേകിച്ചും അബോധ തലത്തിൽ ഉണ്ട് അതുകൊണ്ടുതന്നെ അത് വ്യക്തി വ്യക്തിയുടെ മനസ്സിലാണെങ്കിലും സമൂഹത്തിൻ്റെ മൊത്തം മനസ്സിലാണെങ്കിലും ഈ ഒരു വിശ്വാസം വളരെ വളരെ ദൃഢമായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആദ്യത്തെ രക്ഷക ആദ്യത്തെ ഈശ്വരൻ അമ്മയായിട്ട് സങ്കല്പിച്ച് അമ്മയെ ഈശ്വരനായിട്ട് ആരാധിക്കാൻ തുടങ്ങിയതും അമ്മ ദൈവങ്ങൾ വന്നതും അമ്മയാണ് ആദ്യത്തെ രക്ഷക എന്ന സങ്കല്പം നമ്മളിൽ ഉരുത്തിരിഞ്ഞു വന്നതും ഈ ഒരു പഞ്ചേന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങളല്ല പഞ്ച ഇതൊക്കെ കർമ്മേന്ദ്രിയൾ വാക്ക് അതുപോലെ തന്നെ കയ്യ് കാല് വായു വസ്തു മൂത്രദ്വാരം മലദ്വാരം ഇതിൻ്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിലും ആദ്യമായിട്ട് നമ്മളെ വാക്കുകൾ ഉച്ചരിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ് കൊഞ്ചൽ അമ്മ കുട്ടിയോട് സംസാരിക്കണത് കർണകഠോര ശബ്ദത്തിലല്ല ഒരു കൊഞ്ചലിലൂടെയാണ് നമുക്കറിയാം ആദ്യമായി വാക്കുകൾ ഉച്ചരിക്കാൻ പഠിപ്പിച്ചത് ആദ്യമായി തൊടാൻ പിടിക്കാൻ പഠിപ്പിച്ചത് ആരെ ചേർത്ത് കുട്ടിയുടെ കൈ പ്രവർത്തിക്കുന്നത് കുട്ടിക്ക് സുരക്ഷിതബോധം ഉണ്ടാകുന്നത് അപ്പോഴാണ് കൈ പ്രവർത്തനക്ഷണമാകുന്നത് അമ്മയാണ് ആദ്യമായിട്ട് കുട്ടി ചേർത്ത് ആരാണോ കുട്ടിയെ പിച്ചവെച്ച് നടക്കാൻ പഠിപ്പിക്കുന്നത് അത് അമ്മയാണ് അവരുടെ കാല് പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവിധത്തിലുള്ള ശാരീരിക അവയവങ്ങളും പ്രവർത്തനക്ഷമാകുന്നത് അമ്മയിലൂടെയാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ലോകമെന്തെന്നറിയുന്നു ലോകം മനസ്സിലാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് ഒരു രക്ഷകനായ ഈശ്വരനുണ്ട് എന്ന സങ്കല്പം നമ്മളിൽ വരുമ്പോൾ ആദ്യത്തെ സങ്കല്പം നമ്മളെ രക്ഷിക്കുന്ന നമ്മളെ ലോകമെന്തെന്നറിയാൻ പഠിപ്പിച്ച അമ്മയായി മാറുന്നു അങ്ങനെയാണ് അമ്മ എന്ന സങ്കല്പം വളരെ വ്യാപകമായിട്ട് സമൂഹ മനസ്സിൽ സമൂഹം ലോകമൊത്തമുള്ള സമൂഹ മനസ്സിലുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചതാണ് ഇത് കുറച്ച് നീണ്ടുപോയെങ്കിലും ഇത് ഈ രീതിയിലാണ് പറയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചും കൂടി എന്തെങ്കിലും പറയാനുണ്ട് അടുത്ത ദിവസം പറയാം നമസ്കാരം